ഓ വിശ്വാസികളെ അധർമ്മകാരിയായ ഒരാൾ നിങ്ങൾക്കൊരു വാർത്തയുമായി വന്നാൽ നിങ്ങൾ അത് അന്വേഷിച്ചു ബോധ്യപ്പെടുക അറിവില്ലായ്മ കൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ജനതയ്ക്ക് ദോഷം വരുത്തുകയും പിന്നീട് ചെയ്ത കാര്യത്തിൽ നിങ്ങൾ ഖേദിക്കേണ്ടി ചെയ്യാതിരിക്കാൻ വേണ്ടിയാണിത്